ദൂതന അവതരിപ്പിക്കപ്പെട്ടത് കേൾക്കുമ്പോൾ സത്യം തിരിച്ചറിഞ്ഞതിനാൽ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകുന്നത് നീ കാണും അവർ പറയും ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു അതിനാൽ ഞങ്ങളെ സാക്ഷികളോടൊപ്പം രേഖപ്പെടുത്തേണമേ